ഭയഭക്തിയുള്ളവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗ്ഗത്തിന്റെ ഉദാഹരണമിതാ അവിടെ കെട്ടിക്കിടക്കാത്ത വെള്ളമൊഴുകുന്ന പുഴകളും രുചി മാറാത്ത പാലൊഴുകുന്ന പുഴകളും കുടിക്കുന്നവർക്ക് ലഹരി നൽകുന്ന വീഞ്ഞിന്റെ പുഴകളും ശുദ്ധമായ തേനൊഴുകുന്ന പുഴകളുമുണ്ട് അവിടെ അവർക്ക് എല്ലാത്തരം ഫലങ്ങളും അവരുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പാപമോചനവും ലഭിക്കും നരകത്തിൽ ശാശ്വതമായി വസിക്കുന്നവനും അവരുടെ കുടലുകളെ മുറിച്ചുമാറ്റുന്ന തിളച്ച വെള്ളം കുടിക്കുന്നവനുമായ ഒരാളെപ്പോലെയാണോ ഇവർ